നിങ്ങളുടെ കേൾവിയും കാഴ്ചയും തൊലിയും നിങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിക്കാതെ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ പലതും അള്ളാഹു സുബാനഹുവറ്റായ അറിയുന്നില്ല എന്നാണ് നിങ്ങൾ കരുതിയത്